അധശ്ദ ആനന്തരീയ അർത്ഥത്തിലാണ് അനന്തരം ആരംഭമുണ്ട് അധികം തുടങ്ങുക എന്നുള്ള അർത്ഥത്തിലല്ല പിന്നെ മംഗളാർത്ഥം മംഗളം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥമല്ല പക്ഷെ അധശബ്ദം കേൾക്കുന്നത് മംഗളമാണ് അത് ശബ്ദ ശ്രവണം മംഗളം അങ്ങനെ എടുക്കാം പിന്നെ വരുന്നത് പൂർവപ്രകൃത അപേക്ഷ അങ്ങനൊരർത്ഥം അതിനെ കുറിച്ച് ഭാഷകാരം പറയുന്നത് പൂർവപ്രകൃതം എന്ന് വെച്ചാൽ ആനന്ദര്യം തന്നെ ഫലത്തിൽ ആനന്ദര്യം തന്നെ ഇതൊക്കെ ഇതേപോലെ പൂർവമീമാംസയിലും അതിന്റെ ഒരു അനുകരണമായിട്ടാണ് ഭാഷ്യത്തിന് ഇവിടെ നല്ല അതിന് ഭാഷ്യകാരൻ പറയുന്നത് പൂർവപ്രകൃത അപേക്ഷ എന്ന് പറയുന്ന അർത്ഥവും ആനന്ദര്യം ഒന്ന് തന്നെ ഭാമധികാരം പറയുന്നത് രണ്ടാണ് എന്നുവെച്ചിവിടെ ഭാഷ്യകാരൻ്റെ ഭാമധികാരം തിരുത്താണ് പൂർവപ്രകൃതാപേക്ഷ വേറെ ആനന്ദര്യം വേറെ അപ്പം ഭാഷ്യത്തിൻ്റെ വ്യാഖ്യാനമാണ് ഭാമധികാരം എഴുതുന്നതെങ്കിലും എനിക്ക് യോജിപ്പില്ലാത്ത ഭാഷ്യം വന്നു കഴിഞ്ഞാൽ അതിന് ഭാഷയൊക്കെ ശരിയല്ല എന്നും പറയും ഭാമധികാരന്റെ രീതി ഇവിടെ ഭാഷകാരം പറഞ്ഞാൽ ശരിയല്ല ഭാഷകാരം പറയുന്ന പോലെ പൂർവപ്രവതാപേക്ഷയും ആനന്ദര്യവും ഒന്നല്ല ഇവിടെ പൂർവപ്രവൃത അപേക്ഷ ഇല്ല ഇവിടെ ആനന്ദര്യമേ ു എന്നാണ് ആഭിപ്രായം അതാണ് ഇവിടെ പറയുന്നത് പൂർവപ്രകൃതാപേക്ഷ അതേശബ്ദോഷ പൂർവപ്രകൃതാപേക്ഷ പൂർവത്തിൽ എന്താണോ ഉള്ളത് അതിനെ വിഷയമാക്കുന്നതാണ് അതശബ്ദം പൂർവത്തിൽ എന്തോ അതിനെ പരാമർശിക്കുന്നു അതേശബ്ദം എന്ന് പറഞ്ഞാൽ ഔഷധം ഇനൈവ ആനന്ത ആനന്തോഷ എന്ന് പറഞ്ഞാൽ യഥാ ഇമമേവ അത് ശബ്ദം പ്രകൃതി വിമർശതേ ആനന്തര്യാർത്ഥം കൂടാതെ പൂർവ്വപ്രോതാപേക്ഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അല്ല ഭാഷകാലം പറയുന്നു ഭാഷകാലം പറയുന്നത് ആനന്തര്യവും പൂർവപ്രോതാപേക്ഷ ഒന്നാണ് ഇപ്പം ർത്ഥം ഇല്ല പൂർവപ്രതാപേക്ഷ ഉണ്ട് എന്നൊരു പൂർവ്വപക്ഷത്തെയാണ് ഭാമധികാരം കൊണ്ടുവരുന്നത് അപ്പം അതിനുവേണ്ടി എന്താണ് പൂർവ്വപ്രതീക്ഷ പൂർവ്വപ്രകൃതാപേക്ഷ അത് വിശദീകരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് മുഖ്യമായും അധശബ്ദ ആനന്ദരി അധ ഈ അഥശബ്ദ ആനന്തരീയ അർത്ഥത്തിലാണോ അധ അധികാരത്തിലാണോ ഇവിടെ രണ്ടാമത്തെ അഥ ഇത് പൂർവപ്രകൃതാപേക്ഷയാണെന്നാണ് എന്തുകൊണ്ട് ഇവിടെ വികല്പമുണ്ട് ശബ്ദം ആനന്ദരിയെ അനന്തരീയർത്ഥത്തിലാണോ അതോ അധികാരാർത്ഥത്തിലാണോ ഇവിടെ പൂർവ്വ പ്രകൃതി അപേക്ഷ ഉണ്ടെന്ന് ഭഗവാധികാരൻ സമ്മതിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പൂർവപ്രകൃത അപേക്ഷ വരുന്നപ്പോഴും അതാണോ ഇതാണോ എന്നുള്ള രണ്ടുപക്ഷം ഉള്ളടുത്താണ് എന്തുവരുന്ന എന്തുവരുന്ന പൂർവപ്രകൃതി ഇതാണ് ഭഗവധികാരന്റെ അഭിപ്രായം അത്ര വിമർശവാൻപ് പറഞ്ഞ വാക്ക് അധശബ്ദ ആനന്ദരി അധ അധികാരി എന്നത് വിമർശവാദ ഇവിടുത്തെ രണ്ടാമത്തെ അധശബ്ദം അധ അധികാരിയെന്നു ഇവിടുത്തെ അധശബ്ദം പൂർവപ്രകൃതശ്ദം അപേക്ഷ പൂർവത്തിലെ അധശബ്ദത്തെ ഇത് പരാമർശിക്കുകയാണ് രണ്ടാമത്തെ അധ എന്ന് പറഞ്ഞ അധശബ്ദ ആനന്ദരിയെ എന്ന് കഴിഞ്ഞിട്ട് വീണ്ടും അഥ എന്ന് പറഞ്ഞാൽ ഈ അഥ എന്ന് പറയുന്ന ഒന്നാമത്തെ അഥയെ കുറിച്ച് പറയണം ഒന്നാമത്തെ കഥയെ കുറിച്ച് പറയണം എന്നിട്ട് എന്ത് ചെയ്യുന്നു എങ്ങനെ പറയുന്നു പൂർവപ്രകൃത അധശബ്ദം അപേക്ഷ പൂർവമായ അധശബ്ദത്തെ വിഷയമാക്കിയിട്ട് പ്രഥമപക്ഷ ഉപന്യാസപൂർവം ആദ്യത്തെ പക്ഷത്തെ നിർദേശിച്ചിട്ട് ആദ്യത്തെ പക്ഷം ഏതാണ് ആനന്ദരി എന്നുള്ള പക്ഷം അതിനെ നിർദ്ദേശിച്ചിട്ട് ഉപന്യാസെന്തരത്തെ കാണിക്കുന്നു പക്ഷാന്തരം ഏതാണ് അധികാരം ഇതാണ് പൂർവ്വപ്രകൃത അപേക്ഷ ഒരുപക്ഷത്തെ പറഞ്ഞിട്ട് വേറെ പക്ഷത്തെ പറയുക എന്താണ് നജാസി പറയുന്നു ഇവിടെ ഈ രണ്ടാമത്തെ അതിശബ്ദത്തിന് ആനന്ദര്യം എന്ന് പറയുന്ന അർത്ഥമില്ല എന്തുകൊണ്ട് പൂർവപ്രകൃത പ്രഥമപക്ഷ ഉപന്യാസേന കാരണം ഇവിടെ പൂർവപ്രകൃതം ഈ രണ്ടാമത്തെ അഥശബ്ദം വിഷയമാക്കിയ ഒന്നാമത്തെ അധശബ്ദം അതിനാണ് പൂർവപ്രവൃതം എന്ന് പറയുന്നത് ഈ വികല്പവാക്യത്തിലെ രണ്ടാമത്തെ അഥശബ്ദം രണ്ടാമത്തെ അഥശബ്ദം ഏതാണ് അധ അധികാരം അധശബ്ദം പൂർവപ്രവൃതം ആദ്യത്തെ അഥശബ്ദത്തെ കിമയം അധശബ്ദെന്നു പറയുന്ന പരാമർശിച്ചിട്ട് അതിനു വിഷയമാക്കിയിട്ട് അപ്പൊ അധ രണ്ടാമത്തെ കഥ എന്ന് പറയുന്ന ഒന്നാമത്തെ അഥി പറയാണ് അപ്പൊ അധ അപ്പൊ രണ്ടാമത്തെ അഥയുടെ അർത്ഥം അനന്തരം നടക്കുകയാണെങ്കിൽ രണ്ടാമത്തെ അഥിയുടെ അർത്ഥം അനന്ത എന്താ ഇവിടുത്തെ അർത്ഥം അയമത ശബ്ദ അത് വരും കാരണം ഇത് രണ്ടാമത്തെ അഥശ ശബ്ദം അതിനെ പരാമർശിക്കുകയാണ് അതുകൊണ്ട് അതെടുക്കേണ്ടി വരും രണ്ടാമത്തേതയുടെ ശബ്ദം എന്താണ് അനന്തരം അപ്പം അയ മതശബ്ദ അനന്തരം എന്തൊരു അധികാരി എന്നൊരു അർത്ഥം അത് അധശബ്ദ അനന്തരം അധികാരി മതശബ്ദ അനന്തരം അധികാരി എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അധശബ്ദ അനന്തരം ആനന്തരം എന്ന് പറയുന്നതാണ് ആ പക്ഷത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇവിടെ അനന്തരാർത്ഥം കൊടുക്കാൻ പറ്റത്തില്ല പൂർവത്തെ പരാമർശിച്ചിട്ട് അനന്തരാർത്ഥം കൊടുക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അധശബ്ദ അനന്തരം അധികാരം എന്ന് പറയാൻ പറ്റില്ല കാരണം അധശബ്ദ അനന്തരം ഇവിടെ എന്താ വന്നിരിക്കുന്നത് അധശബ്ദാനന്തരം എന്താ വന്നിരിക്കുന്നു പ്രഥമപക്ഷം പ്രഥമപക്ഷം ഏതാണ് പ്രഥമപക്ഷം ആനന്ദര്യം പ്രഥമപക്ഷംന്ന് പറയുന്നത് ആനന്ദരിയാണ് എവിടെ എന്നുവച്ച അസിയ അസിയെന്ന് പറഞ്ഞ വാക്യത്തിലാണ് അസിയെന്ന് പറഞ്ഞ എന്താ ഇതിലെ രണ്ടാമത്തെ അധശബ്ദത്തിന്റെ ശബ്ദത്തിന് ആനന്ദര്യത് അനന്തരം എന്നർത്ഥം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൂർവപ്രകൃതസ്യ പൂർവപ്രകൃതം ഏതാണ് ഒന്നാമത്തെ ശബ്ദം പൂർവപ്രകൃതം എന്ന് പറയുന്നത് ഒന്നാമത്തെ അഥശശബ്ദം അതിന് പ്രഥമപക്ഷോപാസേന അപ്പോ അധശബ്ദ അനന്തരം ജിജ്ഞാസ എന്ന് പറയാൻ പറ്റില്ല അധശബ്ദാനന്തരം എന്താണ് പറയുന്ന മനസ്സിലാക്ക അധശ്ദാനന്തരം എന്താണ് ആനന്ദര്യം എന്തുകൊണ്ടാ വാക്യത്തിൽ അധശബ്ദം കഴിഞ്ഞ എന്താ പറഞ്ഞിരിക്കുന്നത് ആനന്ദര്യം അതാണ് പൂർവപ്രകൃതസ്യ പൂർവപ്രകൃതി ഏതായി ഒന്നാമത്തെ അധശബ്ദസ്യ പ്രഥമപക്ഷോപന്യാസേന പ്രഥമപക്ഷത്തെ നിർദ്ദേശിച്ചത് കൊണ്ട് പ്രഥമപക്ഷം ഏതാണ് അതാണ് പ്രഥമപക്ഷ മാനന്ദനീ അതുകൊണ്ട് വ്യവധ വ്യവായ അതവിടെ മറവ് രം ജിജ്ഞാസ എന്ന് പറയാൻ പറ്റില്ല അഥാനന്തരം എന്താണ് ആനന്ദര്യം എന്ന് പറയുന്ന ശബ്ദം അവിടെ അതാണ് പൂർവപ്രകൃത പ്രഥമക്ഷനുവാദ മറവടെ ആനന്ദര്യവും ആനന്ദര്യർത്ഥവും പൂർവപ്രകൃതവും രണ്ടും കൂടെ രണ്ടാമത്തെ അഥശബ്ദക്കെടുക്കാൻ പറ്റില്ല രണ്ടാമത്തെ അധശബ്ദത്തേക്ക് പൂർവ്വപ്രകൃത പൂർവത്തെ വിഷയമാക്കുന്നു പറഞ്ഞാൽ അവിടെ ആദ്യ അധശബ്ദ എന്ന് പറയുന്നു അതിനാണ് വിഷയമാക്കി പിന്നെ അനന്തരർത്ഥം വന്നു കഴിഞ്ഞാൽ അധശബ്ദ അനന്തരം എന്ന് പറയാൻ പറ്റില്ല അധശബ്ദാനന്തരമല്ല ജിജ്ഞാസ അനധശ്ദാനന്തരം എന്താണ് അനന്തരം എന്നുവെച്ചാൽ പറയുന്ന എന്താണ് ഈ ജിജ്ഞാസക്ക് പൂർവത്തിൽ എന്തെന്നുള്ളതാണ് അത ബ്രഹ്മജിജ്ഞാസ ആ ജിജ്ഞാസക്ക് പൂർവത്തിലെന്താ ഉള്ളത് ഇവിടെ അധശ്ദത്തിന് അനന്തരം എടുത്ത അനന്തരം ജിജ്ഞാസ അപ്പൊ പൂർവത്തിലെന്താ ഇവിടെ ആനന്തരമാണ് എന്തുകൊണ്ട് അധശബ്ദത്തിന് അത് പൂർവത്തെ വിഷയമാക്കുകയും ചെയ്യുന്നുണ്ട് അനന്തരം എന്നുള്ള അർത്ഥമുണ്ട് അധശബ്ദം എന്ന് പറയുന്നത് വിഷയമാക്കുന്നുണ്ട് അധശബ്ദത്തിന് വേറെ എന്തര്ത്ഥമുണ്ട് ആനന്ദരി അപ്പൊ പൂർവ്വത്തെ വിഷയമാക്കുന്നോണ്ട് അധശബ്ദത്തിന്റെ എന്തർത്ഥം എടുക്കാം പൂർവ്വത്തെ വിഷയമാക്കുന്നോണ്ട് അധശബ്ദത്തിന് എന്തെടുക്കാം ഒരു രക്ഷയില്ല പൂർവ്വത്തെ വിഷയമാക്കുന്നോണ്ട് അധശബ്ദാന്നെടുക്കാൻ അർത്ഥം എന്തുകൊണ്ട് പൂർവ്വ പരാമർശ എന്ന് പറഞ്ഞാൽ അധശബ്ദത്തെ പരാമർശിക്കുകയാണ് അപ്പൊ പൂർവ്വത്തെ പരാമർശിക്കുന്നു ഞാൻ തോന്നുന്നു അധശബ്ദത്തിന്റെ അർത്ഥമായിട്ട് എന്തിനെടുക്കാം അത ശബ്ദ ആദ്യം പറഞ്ഞ അധശ്ദ ഇനി അനന്തരം എന്നുള്ള അർത്ഥം കൂടെ എടുക്കയാണ് ഏതിനനന്തരം എന്നുള്ള അർത്ഥം എടുക്കുന്നു യാത ശബ്ദത്തിന് ഏതശബ്ദത്തിന് രണ്ടാമത്തെ അധശബ്ദത്തിന് രണ്ടർത്ഥം ഒരർത്ഥം ഏതാണ് അധികാരം എന്താ കഥ രണ്ടാമത്തെ അധശബ്ദത്തിന് ഏതൊക്കെയാണ് അർത്ഥം അതേശ്വരം പിന്നെ പിന്നെന്താണ് അതിനെ അപ്പോ അതിനെ ഇത വാക്യം ഇതാണ് കിമയം അധശബ്ദ ആനന്ദരി അധഅികാരി രണ്ട് അധശബ്ദം കൊണ്ടുവന്നു ആദ്യത്തെ ഏതാണ് കിമയം അധശബ്ദ രണ്ടാമത്തെ അധശബ്ദത്തിന് രണ്ടർഥ അനന്തരം പിന്നെ മറ്റൊന്നെന്താണ് ആദ്യത്തെ അധശബ്ദത്തെ വിഷയമാക്കും ഈ എന്താണ് പറയുന്നത് അയ അധശ്ദ ഈ പറയുന്ന അധശബ്ദം മൂന്നാമത്തെ ആനന്ദരി ആനന്ദർത്ഥത്തിലാണോ അധ അധികാരെന്ന് വെച്ചാൽ അതോ അധികാര അതോ എന്ന് പറഞ്ഞാ എന്തിനാ പറയുന്നത് അതോ എന്ന് എന്തിനെ കുറിച്ച് പറയുന്നു അധ അധികാര അതോ എന്ന് പറയുമ്പോ എന്തിനെ കുറിച്ച് പറയുന്നു ഒന്നാമത്തെ അധശബ്ദത്തിന് ഏതിനെ കുറിച്ചാണ് അതോ എന്ന് പറയുന്നത് ഒന്നാമത്തേനാണ് അതോന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത് അപ്പോ ഇത് ആനന്ദര്യ അർത്ഥത്തിലാണോ അതോ അധികാരത്തിലോ അപ്പൊ അഥാ എന്ന് പറയുന്നത് അതോന്ന് ഏതോ ഏതിനെ കുറിച്ചാണ് പറയുന്നത് അതെന്ന് പറയുന്ന എന്റെ അർത്ഥം അതോ എന്നാണ് അപ്പൊ ഏതിനെ കുറിച്ച് അവിടെ പറയുന്നത് അധശബ്ദം ഒന്നാമത്തെ അപ്പോ ഈ രണ്ടാമത്തെ അധശബ്ദത്തിന്റെ വിഷയം ഒന്നാമത്താണ് ഇനി ഭാഷകാരം പറയുന്ന എന്താണ് ആനന്തരിയും അഥയുടെ എന്താണ് അനന്തരവും രണ്ടും തമ്മിൽ വ്യത്യാസമില്ലെന്നാണ് പാഷുകാരം പറയുന്ന എന്താണ് പൂർവപ്രകൃതാപേക്ഷ അതും ആനന്ദരീന വ്യത്യാസം ഇല്ലാന്നാണ് ഭാഷ്യകാലം പറയുന്നത് എന്താണ് അല്ല ഇവിടെ ഭാഗതികാലം രണ്ടും പേരെ വരെ നിന്നാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു വരുന്നത് ഇവിടെ അതോ എന്ന് പറയുന്നതിന് പുറപ്പെടുത്താപേക്ഷണു മോ പറഞ്ഞതിനെ അതോ ഏതോ ഏതിനെ കുറിച്ചാണ് ഈ പറയുന്നത് അധശ്ദം അതിന് രണ്ടർത്ഥം ഉണ്ടോന്നുള്ളതാണ് അതിന് രണ്ടു അർത്ഥം ഉണ്ടോന്നാണ് ഇവിടെ ചിന്തിക്കുന്നു അപ്പോ അവിടെ പൂർവ്വപ്രകൃത അപേക്ഷയുണ്ടോ എന്ന് പറയാൻ കാരണം രണ്ടാമത്തെ അധശബ്ദം ആദ്യത്തെ അധശബ്ദത്തെ പറയാണ് ഇവിടെ അനന്തര അർത്ഥം കൂടെ എടുത്തിരിക്കട്ടെ അനന്തരം എന്നെടുത്തു കഴിഞ്ഞാൽ പൂർവ്വത്തിന് അനന്തരമായിരിക്കുമല്ലോ രണ്ടാമത്തെ അധശബ്ദത്തിന് ഒന്ന് അത് വിഷയമാക്കിയ ആദ്യത്തെ അധശബ്ദമാണ് അത് വിഷയമാക്കിയത് ആദ്യത്തെ ശക്തി അപ്പൊ ആർഥം അതെടുത്തു അതെന്ന് പറഞ്ഞ ആദ്യത്തെ അഥ പിന്നെ ഇനി അനന്തരം എന്നുള്ള അർത്ഥം എടുക്കുകയാണ് അധ അനന്തരം ജിജ്ഞാസ എന്ന് പറയാൻ പറ്റുമോ അധ അനന്തരം ജിജ്ഞാസ അങ്ങനെ പറയാൻ പറ്റുമോ എന്തുകൊണ്ട് ആ വാക്യത്തിൽ ആ വാക്യം നോക്കിയിട്ട് ഹിമയം അധശബ്ദ ആനന്ദരി അത അധികാരി എന്ന് പറയുന്ന വാക്യം നോക്കിട്ട് അധ എന്നുവെച്ചാ അധശബ്ദ അനന്തരം ജിജ്ഞാസ എന്ന് പറയാൻ പറ്റുമോ അർത്ഥം പറയാൻ പറ്റുമോ എന്തുകൊണ്ട് ആനന്ദരിന്ന് പറയുന്ന ഒരു ശബ്ദം അവിടെ ഇരിക്കുന്നു അപ്പൊ അധശബ്ദ അനന്തരം ജിജ്ഞാസ അങ്ങനെ പറയാൻ പറ്റി ഇതാണ് ഭാമധികാരം പറയുന്നത് അവിടെ പൂർവ്വപ്രകൃത അപേക്ഷയെടുക്ക എടുത്തുകഴിഞ്ഞാൽ രണ്ടാമത്തെ അധശബ്ദം കൊണ്ട് ഒന്നാമത്തെ അധശബ്ദത്തെയാണ് വിഷയമാകുന്നത് പക്ഷെ ആനന്ദര്യർത്ഥം എടുത്തു കഴിഞ്ഞാൽ എന്തുവരും അർത്ഥം ശരിയാകുന്നത് അതാണ് എന്നുവെച്ചാൽ ആനന്ദര്യം അർത്ഥം അതാണ് ഇവിടെ പറയുന്നത് രണ്ടാമത്തെ അധശബ്ദത്തിനൂടെ ആനന്ദര്യർത്ഥം എടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് പൂർവ്വപ്രകൃത സസ്യ പൂർവ്വപ്രകൃതമായ ഏതോ അത് ഈ രണ്ടാമത്തെ പൂർവപ്രകൃതമായിരിക്കുന്ന ഏതാണ് അധശ്ദം അതിന് പ്രഥമപക്ഷപന്യാസെന്ന് ആ വാക്യത്തില് പ്രഥമപക്ഷത്തെ നിർദ്ദേശിച്ചിരിക്കുന്നുണ്ട് ഏതാണ് പ്രഥമപക്ഷം നിർദ്ദേശിച്ചിരിക്കുന്നുണ്ട് അവിടെ വ്യവധാനം വന്നു അങ്ങനെ ജിജ്ഞാസയുമായിട്ട് ജിജ്ഞാസയായിട്ടൊരു മറ വന്നു അപ്പൊ അധശബ്ദാനന്തരം ജിജ്ഞാസ എന്ന് പറയാൻ പറ്റില്ല അധശബ്ദാനന്തരം എന്താണ് ആനന്ദരി ഇതാണ് എന്റെ ദോഷം അതുകൊണ്ട് ഭാവതികാരം പറയുന്ന എന്താണ് പൂർവ്വ പ്രകൃതാപേക്ഷ എടുത്ത രണ്ടാമത്തെ അധശബ്ദമുണ്ട് ഒന്നാമത്തെ അതേ വിഷയമാകാം പക്ഷെ ആനന്ദരിയാർത്ഥം അതിനെടുക്കാൻ കഴിയുന്ന പ്രകൃത അനപേക്ഷ ഇനി പൂർവ്വപ്രകൃത അപേക്ഷയില്ല എന്ന് പറയാൻ പറ്റൂ ഇവിടെ ആനന്തര അർത്ഥമുണ്ട് അതേശബ്ദത്തിൽ പക്ഷെ പൂർവപ്രകൃത അപേക്ഷയില്ല എന്ന് പറയാൻ പറ്റൂ പറ്റത്തില്ല പറയുന്നു എന്തുകൊണ്ടില്ല തദ്നപേക്ഷ തദ്വിഷയത്വ അഭാവേന അസമാന വിഷയതയാ ഇനി ആ വാക്യം നോക്കിക്കഴിഞ്ഞാൽ കിമയം അധശബ്ദ ആനന്തരീയ അഥ അധികാരി വാക്യത്തില് രണ്ടാമത്തെ അഥാന്ന് പറയുന്നത് ഒന്നാമത്തെ അധശബ്ദത്തിന് വിഷയമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വികല്പം വരത്തില്ല ഇവിടെ എന്താണ് വികല്പം വന്നിരിക്കുന്നത് ആനന്തര്യ അർത്ഥത്തിലാണോ അതോ അധികാരാർത്ഥത്തിലാണോ ഇതാണ് വികല്പം ആനന്ദിന്റെ അർത്ഥത്തിലാണോ അതോ അപ്പൊ ഈ രണ്ടാമത്തെ അഥയുടെ അർത്ഥം എന്തെടുത്തു രണ്ടാമത്തെ അതയുടെ അർത്ഥം എന്തെടുത്തു ആദ്യത്തെ സൂചനയായിട്ടെടുത്തു അങ്ങനെ എടുത്താൽ മാത്രമികം വരൂ കാരണം രണ്ടാമത്തെ അത എന്ന് അതോ എന്നാ ലോചിക്കുന്നത് ഏതോ ഏതെന്ന് പറയുന്നുണ്ട് ഏതിനെടുത്ത് ഒന്നാമത്തേന് ഇത് കഴിഞ്ഞാൽ പൂർവ്വപ്രകൃത അപേക്ഷ പറയുന്നത് രണ്ടാമത്തെ അഥ കാണമെന്ന് നമുക്ക് തോന്നുന്ന എന്താണിത് അനന്തരം പോലുള്ള അർത്ഥങ്ങളുള്ള അഥയാണെന്നാണ് ആ ഒരു അർത്ഥം എടുക്കാൻ പറ്റില്ല മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ എന്ത് പറയും അതാണോ എന്നുള്ളൊരർത്ഥമാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണോ എന്നാണ് ഏതിനെ കുറിച്ചായി പറയുന്നത് അധശബ്ദോ ആദ്യത്തെ അതോ എന്ന് വെച്ചാൽ ആനന്ദര്യ ശബ്ദാർത്ഥത്തിലുള്ള അധശബ്ദം ജിജ്ഞാസ എന്ന് മറ്റൊരർത്ഥമുണ്ടോ എന്നാണ് ചോദ്യം ആനന്തര്യമാണോ ജിജ്ഞാസ അപ്പോ പൂർവപ്രകൃത അപേക്ഷ വന്നു കഴിഞ്ഞാല് അതാണോ ഇതാണോ എന്നുള്ള വികല്പം ഉന്നയിക്കാൻ പറ്റും അപ്പോ വിയർപ്പം ഉള്ളിടത്താണ് അതാണ് ഈ പൂർവ്വ പ്രകൃതി അപേക്ഷ പറയുന്നത് പ്രകൃത അനപേക്ഷാ പൂർവത്തെ വിഷയമാക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് തത് അനപേക്ഷ്യ ആ ഒന്നാമത്തെ അധശബ്ദത്തിന് ഇത് അപേക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏത് രണ്ടാമത്തെ അധിശബ്ദം തദ്വിഷയത്വഭാവുന്നില്ല ഇത് അതിനെ പരാമർശിക്കുന്നില്ല അതിനെ വിഷയമാക്കുന്നില്ല ഏതിനു വിഷയമാക്കുന്നില്ല ഒന്നാമത്തേന് ഏത് വിഷയമാക്കുന്നില്ല അപ്പൊ അസമാന വിഷയതയാ അപ്പൊ ഇത് വിഷയം ഇവിടെ ഇപ്പൊ രണ്ടുപക്ഷം പറഞ്ഞല്ലോ രണ്ടിനും ഒരു വിഷയം ഇല്ലാതെ വരും അതാത് ഏതിനെ സംബന്ധിച്ചാണോ ഇത് പറയുന്നതെന്ന് അറിയാൻ കഴിയാറു ആ വാക്യത്തിൽ എന്താണ് ആനന്ദജ്യമാണോ അതോ അധികാരമാണോ എന്ന് പറയുന്നത് ഏതിനെ കുറിച്ചൊന്നും പറയാൻ കഴിയാതെ ആനന്ദര്യമാണോ അധികാരമാണോക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ അധശബ്ദത്തെ കുറിച്ച് ആ അധശബ്ദത്തിന്റെ കാര്യമാണ് പറയുന്നത് എന്താണ് ആനന്ദര്യമാണോ അധികാരമാണോ ആനന്ദര്യമാണോ അധികാരമാണോ ഏതിനെ കുറിച്ച് ചോദിക്കുന്നു ഒന്നാമത്തെ അധശബ്ദത്തിന്റെ അർത്ഥം ചോദിക്കുകയാണ് അപ്പൊ ഈ രണ്ടാമത്തെ അധശബ്ദാണ് ഒന്നാമത്തെ അധശബ്ദത്തിനെ പരാമർശിക്കുന്നു വിഷയമാക്കുന്നു അതുകൊണ്ടാണ് ആ അധശബ്ദം എങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു ആനന്ദര്യമാണോ അതോ അധികം അതുകൊണ്ടാണ് അവിടെ അയം അത ശബ്ദാന്ന് പറഞ്ഞു അയം അത് ശബ്ദാന്ന് പറഞ്ഞ എന്താ അർത്ഥം അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന സൂത്രത്തിൽ അത് ശബ്ദമൊന്നാണ് അതിനാണ് പറഞ്ഞത് അതാദോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന ആ സൂത്രത്തിൽ ശബ്ദം ആ സൂത്രത്തിൽ ശബ്ദം എന്ന് പറയുന്നതിന് വേണ്ടിയുടെ ഏത് പദം ഉപയോഗിച്ചത് ഏതശബ്ദം ആ സൂത്രത്തിലെ അധശബ്ദം എന്നുള്ളതിനെ പരാമർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതു വാക്കാ ഉപയോഗിച്ചത് രണ്ടാമത്തെ അധശബ്ദം അയം അധശബ്ദെന്നു പറയുമ്പോൾ നേരട്ടി തന്നെ പറഞ്ഞു സൂത്രത്തിൽ അധശബ്ദമാണ് പക്ഷെ ഈ വികല്പങ്ങൾ രണ്ടുപക്ഷം പറയുമ്പോൾ ആ അധശബ്ദത്തെ പരാമർശിക്കുന്നതിനു വേണ്ടി ഇവിടെ ഏതു വാക്കുപയോഗിച്ചു രണ്ടാമത്തെ അധശബ്ദം അതിനാണ് കുറവുള്ളത് ഇവിടെ ഈ അധശബ്ദ ക്യൂരം അധശബ്ദം ഉപയോഗിച്ചില്ല എന്ന് എനിക്കട്ടെ ഇങ്ങനെ പറയാണ് കിമയം അധശബ്ദ ആനന്ദരിയെ വാ അധികാരി എന്ന് പറഞ്ഞാൽ ഇതേ അർത്ഥം തന്നെ കിട്ടും ഈ അധശ്ദം ആനന്ദര്യത്തിലാണോ അതോ അധികാരത്തിലാണോ പക്ഷെ ഇവിടെ വാ പറയുന്നതിനു വരെ എന്തെയ്തു ഒരു അധശബ്ദം പ്രയോഗിച്ചത് ആദ്യത്തെ അതെ സൂചിപ്പിക്കാം അതിനെ വിഷയമാക്കാം അതാണ് നജപ്രകൃതാനപേക്ഷ പൂർവ്വമായ അധശബ്ദത്തെ അപേക്ഷിക്കുന്നില്ല എന്ന് പറയത്തില്ല പറയാൻ പറ്റില്ല തത് അനപേക്ഷേ അത് അതിനെ അപേക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ അധശബ്ദം തദ്വിഷയത്വ അഭാവേന അതിന് ഒന്നാമത്തെ അധശബ്ദത്തെ വിഷയമാക്കാൻ കഴിയത്തില്ല അസമാന വിഷയതയാ ഈ പറയുന്ന രണ്ട് വികല്പങ്ങൾക്കും ഒരാശ്രയം ഇല്ലാതെ വരും അധശബ്ദം എല്ലാവരും വന്നു കഴിഞ്ഞാൽ വികല്പ അനുഭവത്തെ ഇവിടെ വികല്പം വരത്തില്ല വികല്പം വരണമെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ സംബന്ധിച്ച് രണ്ടു വർഷം പറയണം അങ്ങനെ ഒന്നിനെ സംബന്ധിച്ച് രണ്ടു വർഷം പറയണമെങ്കിൽ ആ ഒന്നിനെ കുറിക്കുന്ന ഒരു പദം വേണം ആ ഒന്നിനെ കുറിക്കുന്ന ഒരു പദമാണ് ഇവിടുത്തെ ഏത് പദം രണ്ടാമത്തെ ശബ്ദം ഒന്നിനെ കുറിക്കാൻ വേണ്ടിട്ടാണ് എന്തു പറഞ്ഞത് രണ്ടാമത്തെ അധശബ്ദം അപ്പൊ പൂർവപ്രകൃത അപേക്ഷ ഒന്നാമത്തേനെ കുറിച്ചല്ലോ പറയുന്നത് പിന്നെ എന്താണ് രണ്ടാമത്തെ അധിശബ്ദം ഒന്നാമത്തെ അയമഥ എന്ന് പറയുന്നത് ബ്രഹ്മസൂത്രത്തിലാദ്യത്തെ അധിശബ്ദത്തെ കുറിക്കാനാണ് അയമഥാക്യത്തിലെ രണ്ടാമത്തെ അധശബ്ദം എന്ന് പറയുന്നത് വേണ്ടി പൂർവ്വത്തിൽ പറഞ്ഞ അധശബ്ദത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അതിന്റെ വ്യത്യാസം അയമത ശബ്ദ അയമഥ എന്ന് പറയുന്നതിനെ കുറിക്കാൻ വേണ്ടി സൂത്രത്തിൽ അതെ രണ്ടാമത് വികല്പവാക്യത്തിൽ ഈ വികല്പം എന്ന് പറയുന്നത് പാമതികാരൻ ഉണ്ടാക്കിയ ഒരു വികല്പാണ് പാമതികാരൻ ഉണ്ടാക്കിയ ഒരു വികല്പാണ് ഏത് ഏവാക്യം ഈ വാക്യത്തിന്റെ രണ്ടാമത്തെ ഈ അഥശ ശബ്ദം അതിനെ പറയുന്നത് എന്താണ് നിജപ്രകൃതാനപേക്ഷ അത് എന്താണ് ഒന്നാമത്തേനെ വിഷയമാക്കുന്നില്ല അപേക്ഷിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല തത് അനപേക്ഷ അതിനെ അപേക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ ഏത് അപേക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ അധശബ്ദ അതിനപേക്ഷിക്കാതിരുന്നുകഴിഞ്ഞാൽ തദ്വിഷയത്വേന അത് അതിന് വിഷയമാക്കത്തില്ല അസമാന വിഷയതയാ അപ്പം ഈ രണ്ട് വികല്പങ്ങൾക്കും തുല്യമായ ഒരു വിഷയമില്ലാതെ വരും എന്ന് പറഞ്ഞാൽ ഇത് ഇതിന് ഇതിന് വിഷയമായിട്ട് ഒരു അധശബ്ദമില്ലാതെ വരും ഈ രണ്ട് വികല്പങ്ങൾ ഏത് ഏതിനെ സംബന്ധിച്ചാണ് ആദ്യത്തെ അയമതശബ്ദ സംബന്ധിച്ചാണ് ആ അയമതശബ്ദ എന്ന് പറയുന്നതിനെ ഈ രണ്ടാമത്തെ അധശബ്ദം പരാമർശിച്ചില്ല ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാതെ വരും ഇപ്പോ എന്തുവരും വികല്പ അനുഭവത്തിൽ ഇവിടെ വികല്പം ഉണ്ടാകത്തില്ല എന്നറിച്ച് ഉദാഹരണം പറയുന്നു നിത്യാത്മാത്യാബുദ്ധി ആത്മാവും നിത്യമാണോ അത അതോ അനിത്യ ബുദ്ധി അനിത്യമാണോ ബുദ്ധി ഇങ്ങനെ ഒരു വികല്പം സമാന വിഷയത്തിൽ ഇങ്ങനെ ഒരു വികൽപ്പം വരത്തില്ല മനസ്സിലായോ അതോ നിത് നിത്യ ആത്മാവിടെ അതേ ഇല്ല നിത്യ ആത്മാ ആത്മാവും നിത്യമാണോ ഇനി ബുദ്ധി അനിത്യമാണോ ബുദ്ധി ഇങ്ങനെ ഒരു വികല്പം പറയാൻ പറ്റുമോ ഇത് എന്താ കൊഴപ്പങ്ങനെ പറഞ്ഞാല് അധശബ്ദം വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വികല്പം പറയാനോ ഒരിക്കലും പറ്റത്തില്ല എന്തുകൊണ്ട് സമാന വിഷയത്വില്ല എന്ന് വെച്ചാൽ ഈ രണ്ട് വികല്പങ്ങൾക്ക് ഒരാശ്രയമായിരിക്കണം വിഷയം എന്ന് വെച്ചാൽ ആശ്രയം അങ്ങനെ ഒരാശ്രയം ഉണ്ട് അവിടെ ഇങ്ങനെ ചോദിക്കാം എന്താണ് കിം നിത്യ ആത്മാ അഥാ അനിത്യ ആത്മാ അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം കിം നിത്യാബുദ്ധി അഥാ അനിത്യാബുദ്ധി അങ്ങനെ പറയുമ്പോൾ സമാന വിഷയത്തോണ്ട് എന്തുകൊണ്ട് ഈ വികല്പം എന്ന് പറയുന്നത് ഒന്നിനെ സംബന്ധിച്ചാണ് ഒന്നുകിൽ രണ്ടിടത്തോ അല്ലെങ്കിൽ രണ്ടിടത്തും എന്ത് ുദ്ധി പറഞ്ഞു എന്നാൽ സമാന വിഷയത്വം വരും എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപക്ഷത്തിനും ഒരാശ്രയം വരും പക്ഷെ ഇവിടെ രണ്ടുപക്ഷമുണ്ട് രണ്ടാണ് അപ്പോ എന്തോ ഒരാശ്രയം വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു വികല്പം വരാൻ പറ്റും അപ്പൊ നേരത്തെ പറഞ്ഞെടുത്ത് കിമയം അധശബ്ദ ആനന്ദരി അധികാരം ഇവിടെ ഉണ്ട് വികല്പം ഒന്ന് ആനന്ദനിയും മറ്റൊന്ന് അധികാരം ശ്രയം എന്താണ് അത് ചെറുപ്പം അപ്പൊ അവിടെ വികല്പമുണ്ട് ഈ പറഞ്ഞിടത്ത് എന്താണ് ക്യും നിത്യ ആത്മാവത നിത്യ ബുദ്ധി ഇവിടെ ഒരു വികല്പം ഇല്ല കാരണം ഇവിടെ എന്താണ് നിത്യ അനിത്യങ്ങൾക്ക് ആശ്രയമായി ഒന്നിനെ കാണിക്കുന്നു ഇങ്ങനെ ചോദിക്കാം നിത്യമാണോ ആത്മാവ് അനിത്യമാണോ ആത്മാവ് അങ്ങനെ ചോദിക്കാം നിത്യമാണോ ബുദ്ധി അതോ അനിത്യമാണോ ബുദ്ധി അവിടെ അത് ഉപയോഗിച്ച് ചോദിക്കും പക്ഷെ ഇവിടെ ഈ അധശബ്ദത്തിന് അങ്ങനെ ഒരു വികല്പാർത്ഥം വരത്തില്ല എന്തുകൊണ്ട് ഇവിടെ സമാന വിഷയത്തോ ഈ വികല്പത്തിന് ആശ്രയമായി ഒന്നും തസ്മാഅത് അപ്പോ എന്താണ് ഇവിടെ ആനന്ദര്യം വരത്തില്ല പൂർവപ്രകൃതി അപേക്ഷ വരും ഇപ്പൊ പറഞ്ഞ സ്ഥലത്ത് ആനന്ദര്യം വരത്തില്ല പൂർവപ്രകൃത അപേക്ഷ വേണമെങ്കിൽ വരാം ഇപ്പൊ കിം അയം അതശബ്ദ ആനന്ദരിയ അധികാരികള് പൂർവപ്രകൃത അപേക്ഷ വരാം എന്ന് വെച്ചാൽ രണ്ടാമത്തെ അത് ഒന്നാമത്തെ അധശബ്ദത്തെ പരാമർക്കുന്നു പക്ഷെ ആനന്ദനിയോടെ വരത്തില്ല അതോ അതാത് അവിടെ എന്താണ് ആനന്ദനീം വരിയില്ല എന്താണ് പൂർവ്വപ്രകൃത അപേക്ഷ വരാം പൂർവത്തിലുള്ള എന്തോന്നു എന്ത് സാധന സമ്പത്ത് ഞാൻ പരാമർശിച്ചിട്ട് അത എന്താണ് ബ്രഹ്മജിജ്ഞാസ അങ്ങനെ പറയാൻ പറ്റും വികല്പം പറയാൻ പറ്റും ാണ് പറയുന്നത് തസ്മാഅത് ആനന്ദര്യം പൂർവപ്രകൃതി അപേക്ഷ കസ്മാനന്ത കൂടാതെ പൂർവപ്രകൃതാപേക്ഷ എന്തുകൊണ്ടായി കൂടാ ആനന്ദര്യത്തും തള്ളിക്കളയുക ആനന്ദര്യം ഇല്ല പക്ഷെ പൂർവ്വപ്രകൃതാപേക്ഷ മാത്രം അങ്ങനെ എന്തുണ്ട് അടുത്തുകൂടാ എന്ന് പാവതികാരൻ ചോദിക്കുമ്പം പാവതികാരന്റെ മനസ്സിലാണ് ആനന്ദര്യാർത്ഥം വേറെയാണ് പൂർവപ്രകൃതാപേക്ഷ വേറെയാണ് ഇതാണ് ഭാവുമതികാരന്റെ മനസ്സിൽ ഇരിക്കുന്നത് അത് വെച്ചുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത് അതിന് ഭാഷ്യം പറയുന്നു പൂർവപ്രകൃതാപേക്ഷ ഭരത ആനന്ദരിയഅ അഭ്യതരേഖ പൂർവപ്രകൃതാപേക്ഷാലും ഫലത്തിൽ ആനന്ദര്യത്തിൽ നിന്നും വേറെയല്ല ഇതാരുടെ അഭിപ്രായം പക്ഷേ അതിനോട് ഭാഗതികാരൻ യോജിക്കുന്നില്ല അതിനാണ് ഇതുവരെ വിശദീകരിച്ചത് പൂർവപ്രകൃതാപേക്ഷ ഉള്ളടത്ത് ആനന്ദരിയല്ല പൂർവ്വ പ്രകൃതി അപേക്ഷകളത്ത് വികല്പമായിരിക്കും അതാണോ ഇതാണോ എന്നുള്ള വികല്പമായിരിക്കുന്നു എന്ന വയം ആനന്ദര്യാർ നാം വ്യസനതയാ രോജയാ മഹേ ആനന്തര്യാർത്ഥം ഉണ്ട് എന്നുള്ളത് വ്യസനതയാ വ്യസനം കൊണ്ടെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് രോജായ്മ ഇഷ്ടപ്പെടുന്ന അല്ല ആനന്തര്യാർത്ഥ കഷ്ടപ്പെട്ട് സമർത്ഥിക്കുന്നല്ലെന്നർത്ഥം അതാദോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് അധശബ്ദത്തിന് ആനന്ദരിയാർത്ഥം ഞങ്ങള് കഷ്ടപ്പെട്ട് സമർത്ഥിക്കുന്ന എന്താണെന്ന് വ്യസനതയാ വ്യസനി കഷ്ടപ്പെട്ട് രോജയാമക ഇഷ്ടപ്പെടുന്നതല്ല പിന്നെന്താണ് ആനന്തര്യ അർത്ഥം നിങ്ങൾ പറയുന്നത് ബ്രഹ്മജിജ്ഞാസേത ഭൂതപ്രകൃതി സിദ്ധയെ സൂര്യരീതി വർദ്ധം ആനന്ദര്യാർത്വം അവധാരണാഗ്രഹവും അസ്മാകമിനിന് ബ്രഹ്മജിജ്ഞാസ ഹേതുഭൂത ഭൂതപ്രകൃതി ഞങ്ങളുടെ ആനന്ദര്യോന്ന് ഞങ്ങൾ പറയുന്നത് എന്താണ് ഞങ്ങൾ പറയുന്നത് ശരിക്കും അത് ബ്രഹ്മജിജ്ഞാതയ്ക്ക് ഹേതുവായ ഭൂതപ്രകൃതം മുമ്പിലുള്ള ഒരു വിഷയത്തെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് അത് ആനന്ദര്യ അർത്ഥത്തോട് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല മനസിലാകാം ആനന്ദര്യർത്ഥത്തോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ എന്താ പറയുന്നത് ഞങ്ങൾ ആനന്ദര്യുണ്ടെന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ് ഇവിടെ ബ്രഹ്മജന്യാസി ഹേതുവായ എന്തോന്ന് മുമ്പിലുണ്ട് അതെന്താണ് സാധനശ്രേഷ്ഠ സമ്പത്തി അത് പറയുന്നതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ അനന്തരം എന്ന് പറയുന്നത് ആനന്ദര്യത്തെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടല്ല അനന്തരാര്ത്ഥമുണ്ടെന്ന് ആ ശബ്ദത്തിന് അനന്തരാർത്ഥമുണ്ടെന്ന് കഷ്ടപ്പെട്ട് ശ്രദ്ധിക്കുകയല്ല മറിച്ച് ബ്രഹ്മ ജന്യാസി കാരണമായിട്ട് അതിനെന്തോന്ന് ഉണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് അതാണ് ബ്രഹ്മജിജ്ഞാസ ഹേതുഭൂത ഭൂത പൂർവപ്രകൃതി പൂർവപ്രകൃതി സത്യം ബ്രഹ്മജിജ്ഞാസക്ക് കാരണമായ മുമ്പിലൊന്നുണ്ട് ഭൂ പറഞ്ഞ എന്താണ് ഹേതുഭൂത പൂർവപ്രകൃത അതൊന്നു വേണം അതിന് വേണ്ടിട്ടാണ് ഞങ്ങള് അനന്തരം എന്ന് പറയുന്നത് അനന്തര ഞങ്ങൾക്ക് വാശിയൊന്നുമില്ല ബ്രഹ്മജ്ഞാസിക്ക് എന്തോ ഉണ്ട് അതിനനന്തരം എന്ന് പറയും അത്രേ ഉള്ളൂ ബ്രഹ്മജ്ഞാസിക്ക് ഹേതുവായിട്ട് മുമ്പിൽ എന്തുണ്ട് അതിനേ ഞങ്ങള് പറയുന്നു അല്ലാതെ ആനന്ദര്യത്തോട് വലിയ നിർബന്ധമൊന്നും ഇല്ല സാജ പൂർവപ്രകൃത അർത്ഥ അപേക്ഷത്വേപ്പി അധശബ്ദ സ്ഥിതി അപ്പൊ ജിജ്ഞാസക്ക് മുമ്പിൽ എന്തെങ്കിലും ഒന്ന് വേണം എന്ന് പറയുന്നതിന് അത് ശബ്ദത്തിന് ആനന്ദരീ അർത്ഥം വേണമെന്നില്ല മറിച്ച് മുമ്പിൽ എന്തോ ഉണ്ടെന്നൊന്ന് കാണിച്ചാ മതി അതിന് പൂർവപ്രതികൃത അപേക്ഷ എന്നുള്ള അർത്ഥത്തെ സ്വീകരിച്ചാ മതി അത് ശബ്ദത്തിന് അത് ശബ്ദത്തിന് അനന്തരം എന്നുള്ള അർത്ഥം സ്വീകരിക്കേണ്ട കാര്യം പറയുന്നത് അപ്പൊ അത് ശബ്ദത്തിന് പൂർവപ്രകൃത അപേക്ഷ എന്നുള്ള ഒരു അർത്ഥത്തെ സ്വീകരിച്ചാ െന്തു കിട്ടും ജിജ്ഞാസക്ക് മുമ്പിൽ എന്തോന്നുണ്ടെന്ന് കിട്ടും അതെന്താണോ സംബന്ധിച്ചു അപ്പൊ അനന്തരം എന്നുള്ള ഒരു അർത്ഥം വേണം നിർബന്ധത്തിൽ നിർബന്ധം പിടിക്കേണ്ട കാര്യം ഇല്ല പറയുന്ന സാജാ പൂർവ്വപ്രകൃതാർത്ഥാപേക്ഷ ശബ്ദത്തിന്റെ അർത്ഥം എന്ന് സ്വീകരിച്ചാലും അത് ശബ്ദത്തിന് എന്താണ് പൂർവപ്രകൃതാപേക്ഷ എന്നുള്ള അർത്ഥത്തെടുത്താലും എന്തൊരും എന്തോ പൂർവത്തിലുണ്ടോ എന്നുള്ള കിട്ടും ഇനി അതുകൊണ്ട് എന്താണ് ആനന്ദരിയാർത്ഥ അവധാരണ ആഗ്രഹവും ആനന്തത്തിന്റെ അവധാരണ നിശ്ചയം ആനന്തര്യാർത്ഥം കൊടിയേ തീരൂ എന്നുള്ള അസ്മാകം ആഗ്രഹം ഞങ്ങളുടെ ആഗ്രഹം അനുബർദ്ധമാണ് ആവശ്യം എന്താണെന്ന് മനസ്സിലായത് അപ്പൊ അനന്തരം എന്ന് പറയുന്ന ഒരർത്ഥത്തിന് പൂർവപ്രകൃതാപേക്ഷ എന്നുള്ള അർത്ഥം എടുത്താൽ അല്ല അശബ്ദത്തിന് നേരിട്ട് അനന്തരം എന്നുള്ള അർത്ഥം പറയേണ്ട കാര്യം ഇല്ല അപ്പൊ ആ പൂർവ്വ പ്രകൃതം എന്താണ് സാധനചേഷ്ഠ സമ്പത്തി ഇതാണ് ഞങ്ങൾ പറയുന്നതെന്ന് അതുകൊണ്ട് ഞാൻ കൂടെ അനന്തര്യ അർത്ഥം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ല എന്നാണ് അത് ചിന്തിച്ച് മനസിലാക്കുക